അവർ വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും എന്നാൽ അവർ തനിയേയാകുമ്പോൾ അള്ളാഹുസുബഹാനഹൂവ ചായാല നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുകയാണോ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ വച്ച് അവർ അത് നിങ്ങളോട് തർക്കിക്കുമല്ലോ എന്നു പരസ്പരം പറയും നിങ്ങൾക്ക് ബുദ്ധിയില്ലേ